അള്ളാഹു സുഹാനഹുവ ചായാലാവിനും അവൻറെ ദൂതനുമെതിരെ യുദ്ധം ചെയ്യുകയും ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്കുള്ള ശിക്ഷ അവർ കൊല്ലപ്പെടുകയോ ക്രൂശിക്കപ്പെടുകയോ അവരുടെ കൈകാലുകൾ വിപരീത ദിശകളിൽ മുറിക്കപ്പെടുകയോ അല്ലെങ്കിൽ നാടുകടത്തപ്പെടുകയോ ചെയ്യുക എന്നതാണ് അത് അവർക്ക് ഇഹലോകത്ത് അപമാനമാണ് പരലോകത്ത് അവർക്ക് വലിയ ശിക്ഷയുമുണ്ട്